വിപുലതയാർന്ന വിനോദവിദ്യമായ വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളവളിങ്ങവതീർണയായിടും തന്നവയവം അണ്ടകടാഹകൂടിയാകും അണുവും അഖണ്ഡവും അസ്തി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗമായിരണ്ടും അണയുമനന്തരം അസ്ഥിനാസ്തി എന്നീ അനുഭവവും നിലയറ്റുനിന്നു പോകും അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്നുപൂർണമാകും അനുഭവിയാതറിവീല അഖണ്ഡമാംചി ഘനമിതു മൗനഘനാമൃതാബ്ധിയാകും ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീല അതിസുഖമെന്നനിശം കഥിക്കയാലേ മതിമുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം അറിവഹമെന്നതു രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ടുവാദും അറിവിനെ വിട്ടഹമന്യമാകുമെന്നാൽ അറിവിനയിങ് അറിയാനുമാരുമില്ല അതുമിതു അസദർത്തമൃതമെന്നു തെളിഞ്ഞു ധീരനായി മൃദുവായി അമർന്നിടേണം ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു അനുസ്യൂതം ലോകങ്ങളിലും നിൽക്കുന്ന ഒരു സ്ഥായിയായ ഒരു രസമുണ്ട് ഒരു ഭാവം എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പത്തന്നെ അതാണ് നിങ്ങളിപ്പ തന്നെ അതാണ് നിങ്ങളിപ്പത്തന്നെ അതാണ് എന്നുള്ളതാണ് അതറിയുന്നില്ല എന്നുള്ളത് വേറെ ഒരു വശം ആ അറിയുന്നില്ല എന്നുള്ളതിൽ നിന്നും തമസോമാ ജ്യോതിർഗമയം അസത്തോമാ സദ്ഗമയം മൃത്യോർമ അമൃതം ഗമയാം ഈ ഗമിപ്പിക്കൽ ശ്രദ്ധാപ്രധാനാണ് ശ്രദ്ധയെ അതിൽ നിന്നും തന്നിലേക്ക് തിരിക്കലാണ് ഭാഗവതത്തില് ഒമ്പത് സ്കന്ധം ഭാഗവതം കേട്ടിട്ട് പരീക്ഷിച്ച് തന്നെ ഇത് കൃഷ്ണകഥ പറയൂ എന്ന് പറയുമ്പോൾ ദശമസ്കന്ധത്തില് ശ്രീശുഖന്റെ ഒരു ചോദ്യം എന്നുവെച്ചാൽ ഏത് കൃഷ്ണന്റെ കഥയാ പറയേണ്ടത് എന്ന് ചോദിക്കുന്ന പോലെ അതിന് പരീക്ഷിത് ഉത്തരം പറയണ പോലെ പരീക്ഷിത് കൃഷ്ണൻ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ടേ പോവാണ് ആദ്യം പറഞ്ഞു ഞങ്ങളുടെ യാദവ വംശത്തിൽ ജനിച്ചതായ ഭഗവാന്റെ കഥ പറയൂ എന്നാണ് പറഞ്ഞു അപ്പോ ശ്രീശുഖൻ പിന്നീ മൗനമായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ കൗരവ സൈന്യ സാഗരം ഈ കൗരവ സൈന്യസാഗരത്തിനെ ഏതു ഭഗവാനെ മുൻപിൽ വെച്ചുകൊണ്ടാണോ തരണം ചെയ്തത് ആ കൃഷ്ണന്റെ കഥ പറയൂ എന്ന് പറഞ്ഞു അപ്പോഴും ഉണ്ടാതിരിക്ക അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോ ദ്രൗണ്യസ്ത്ര മദംഗം സന്താന കുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിംഗത ആത്തചക്ര ശരണം ഗതാഹ എന്റെ അമ്മ ശരണാഗതി ചെയ്തപ്പോ ഗർഭത്തിലെനിക്ക് ദർശനം തന്നെ എന്നെ രക്ഷിച്ച കൃഷ്ണന്റെ കഥ പറയോ അപ്പോഴും പിണ്ടിയില്ല അപ്പോഴാണ് പരീക്ഷിച്ച് പറഞ്ഞത് എനിക്കറിയാമെന്നാണ് എന്താ വീര്യാണി തസ്യഖിലേഹഭാജം അന്തർബിപൂരുഷകാലൂപൈ പ്രയച്ഛതോ മൃത്യു അമൃതം ചായാമനുഷ്യ വധസ്വ വിദ്വൻ ആ പുറമേക്ക് അവതരിച്ച് ലീല ചെയ്ത ആ മായാമനുഷ്യൻ പ്രപഞ്ചമായിട്ടും അകമയ്ക്ക് കേവല ചിദ്വസ്തുവായിട്ടും ഇത് രണ്ടും ഭഗവാന്റെ രൂപം തന്നെയാണ് കാണുന്ന പ്രപഞ്ചമും അവൻ തന്നെയാണ് പ്രപഞ്ചത്തിനെ കാണുന്നവനും അവൻ തന്നെയാണ് അന്തർ ബഹി കാലരൂപൈഹി ഉള്ളില് പുരുഷനായിട്ടും പുറമേക്ക് കാലമായിട്ടും എന്നാപ്പോ പുറമേ നോക്കിയാൽ പോരെ എന്തിനാ അകമേ നോക്കണത് എന്ന് വെച്ചാൽ പ്രയച്ചതു മൃത്യം ഉത അമൃതം പുറമേക്ക് നോക്കിയാൽ മൃത്യുവാണ് അവന്റെ സ്വഭാവം അമൃതം ചെയ്യ മൃത്യുശ്ചെ എന്ന് ഗീത പുറമേക്ക് മൃത്യു അവൻ്റെ സ്വഭാവമാണ് അകമയ്ക്ക് അമൃതം അവന്റെ സ്വരൂപമാണ് പുറമേക്ക് നോക്കുന്നിടത്തോളം മൃത്യുവുണ്ട് അകമേക്ക് തിരിഞ്ഞാൽ അമൃതാനുഭവമുണ്ട് ഇതാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തില് വിഷമയെന്നും സമയെന്നും സമയെന്നും അന്യ എന്നും വിദ്യ എന്നും അവിദ്യ ഒക്കെ പല പേരുകളും മാറ്റി മാറ്റി മാറ്റി പറയണം അവിദ്യ വിരോധിനിയെന്നും ഒക്കെ പല പേരുകൾ മാറ്റി പറയണു നമ്മളുടെ ശ്രദ്ധ പുറമേക്കാണ് തിരിയണതെങ്കിൽ ഇവിടെ രണ്ടും നമ്മളുടെ മുമ്പിലുണ്ട് ശ്രദ്ധ പുറമേക്ക് തിരിയുമ്പോ അത് ജഡശക്തിയായിട്ട് മാറും അതിനെ നമ്മൾ മനസ്സെന്ന് വിളിക്കും ലളിതാ സഹസ്രനാമത്തില് രണ്ടു നാമം ചിശക്തി ചേതനാരൂപ ജഡശശക്തി ജഡാത്മിക ഒരേ ശക്തി തന്നെയാണ് വിദ്യാ അവിദ്യാസ്വരൂപിണി ആ ശക്തി അകമേക്ക് തിരിയുമ്പോ ചിശക്തിയായി തീരുകയും പുറമേക്ക് തിരിയുമ്പോൾ ജഡശക്തിയായി തീരുകയും ചെയ്യും രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു മനസ്സെന്താണ് ആത്മാവ് എന്താണ് ഭഗവാന്റെ ഉത്തരങ്ങളൊക്കെ സ്പോൺറ്റേനിയസ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ അത്യത്ഭുതമായിട്ടിരിക്കും മഹർഷി പറഞ്ഞ ഉത്തരം സെൽഫ് എക്സ്ട്രോവേർട്ടഡ് ഇസ് മൈൻഡ് ആൻഡ് മൈൻഡ് ഇൻട്രോവേർട്ട് സെൽഫ് ഇവിടെ രണ്ടില്ല ഒരേ വസ്തു തന്നെ അങ്ങട് തിരിഞ്ഞാൽ മന പുറമേക്ക് തിരിഞ്ഞാൽ മനസ്സാവും അകമേ തിരിഞ്ഞ് ബോധം ചൈതന്യം എങ്ങട് തിരിയണോ എവിടെ നോക്കണോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും സത്യദർശികളുടെ ദർശനമൊക്കെ ഒരേപോലെയാണ് നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം ജനനീനവരത്നമഞ്ചരി ഒക്കെ ആദ്യം കാണുമ്പോൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി എന്തൊരു സാമ്യത മഹർഷി പറഞ്ഞ ഓരോ വാക്കുകളും ഗുരുദേവൻ മഹർഷി എഴുതുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ് ഈ കൃതി ആത്മോപദേശ ശതകം നാരായണ ഗുരുസ്വാമി ഇന്നലെ വന്ന് ഭഗവാനെ കണ്ടിട്ട് രമണ മഹർഷിയെ കണ്ടിട്ട് പോണ കഥ പറഞ്ഞു ഗുരുദേവൻ രമണ മഹർഷിയെ കുറിച്ച് പറഞ്ഞ ഒരു കമന്റ് ഏകദേശം പ്രചാരത്തിൽ എല്ലാവർക്കും അറിയണതാണ് ഗുരുദേവൻ പറഞ്ഞത് രാജസർപ്പം എന്ന് പറഞ്ഞു അത്രേ രാജസർപ്പം എന്ന് വെച്ചാൽ നിങ്ങടെ ഊതിയാ എന്നാണ് മഹർഷി പറഞ്ഞു കുഞ്ചുസ്വാമിയാണ് എന്നോട് പറഞ്ഞത് ഇതെന്തോ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് ഉള്ളപ്പ കുഞ്ചു സ്വാമി ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ ചിലതൊക്കെ ചോദിക്കും സ്വാമി ഇങ്ങനെ പറയും ഭഗവാൻ പറഞ്ഞു അത്രേ പക്ഷെ അദ്ദേഹത്തിന് നിയതി ചിലതൊക്കെ ചെയ്യേണ്ടത് ലോകത്തിലുള്ളത് അദ്ദേഹം അങ്ങനെ ആരും അറിയാതെ ഇരിക്കണം പൂർണ്ണപുരുഷനാണെന്നോ ആ വാക്ക് പറഞ്ഞത് പൂർണ്ണപുരുഷനാണ് പൂർണതയ്ക്ക് പൂർണ്ണതയെ അറിയാനൊക്കോ മഹാപുരുഷന്മാരെ വാഴ്ത്താനല്ല അവരിവിടെ വരണത് സ്വാമി രാമതീർത്ഥൻ വളരെ ധീരതയോട് പറയുന്നൊരു വാക്കുണ്ട് ഡു നോട്ട് സെൽ യുവർ ലിബേർട്ടി ടു ബുദ്ധ ക്രൈസ്റ്റ് ഓർ കൃഷ്ണു നോട്ട് എൻസ്ലേവ് യുവർ സെൽഫ് ടു ദം മഹാപുരുഷന്മാരൊക്കെ വരണത് അവരെന്ത് കണ്ടുവോ അവരെന്ത് സത്യം അറിഞ്ഞുവോ ആ സത്യം നമ്മളിലും പ്രകാശിക്കാനായിട്ടാണ് അത് പ്രകാശിച്ചു കാണുമ്പോഴേ അവരും സന്തോഷിക്കുള്ളൂ അവരെ ആരാധിക്കണത് കൊണ്ട് അവരെ സന്തോഷിക്കില്ല അവരെ പൂജിക്കണത് അവരെ സന്തോഷിക്കില്ല എന്നാൽ പൂജിക്കേണ്ടോ ആരാധിക്കേണ്ടോ അല്ല അതൊക്കെ നമ്മളുടെ ഒരു ഭക്തിയെ ആദരവിന് കാണിക്കാൻ നമുക്കൊരു സുഖമുണ്ട് ആ ഭക്തി ചെയ്യുമ്പോൾ അത് കാര്യം വേറെ പക്ഷെ അവിടെ അതുമാത്രം കൊണ്ട് അവര് സന്തോഷിക്കില്ല അവരേതൊരു സത്യം അറിഞ്ഞുവോ ഏതൊരു അമൃതം കുടിച്ചുവോ ആ അമൃതം നമ്മളും നുകർന്നാലേ അവർക്ക് സന്തോഷമാവും ആ അമൃതത്തിനെ ഓരോ ശ്ലോകത്തിലും നിറച്ചാണ് നമുക്ക് ഈ ആത്മോപദേശ ശതകത്തിൽ തന്നിരിക്കേണ്ടത് സ്വയം അനുഭൂതി മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിവന്നു പറഞ്ഞ ഈ വാക്ക് ശ്രീവല്ലഭാചാര്യ സമ്പ്രദായത്തില് പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറയും സാധാരണ പ്രസ്ഥാനത്രയം എന്നാണ് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്ത് പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറയാവര് എന്താന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം അതായത് കൃഷ്ണസ്യ വാക്യാ വേദവാക്യാനി കൃഷ്ണസ്യ വാക്യാനി വ്യാസിഭാഷ കൃഷ്ണവാക്യം ഗീത വ്യാസവചനം സൂത്രം ബ്രഹ്മസൂത്രങ്ങൾ വേദവചനം ഉപനിഷത്തുകൾ പിന്നെ സമാധിഭാഷ എന്നാണ് ഭാഗവതത്തിന് പറഞ്ഞതാണ് സമാധിഭാഷ എന്ന് എന്റെ വാക്കുകളൊക്കെ സമാധിനാ അനുസ്മര തദ്വിചേഷ്ടിതം എന്നാണ് വ്യാസന് ഇൻസ്ട്രക്ഷൻ തന്നെ സമാധിഭാഷ എന്നാണ് മനോമണ്ഡലത്തിൽ നിന്നും എഴുതിയതല്ല മനോമണ്ഡലത്തിൽ നിന്നും ചിന്തിച്ച് വിചാരം ചെയ്തൊക്കെ എഴുതിയതല്ല അതുകൊണ്ട് അതിന് സമാധിഭാഷ എന്ന് തന്നെ ഒരു പേര് വെച്ചു ആത്മോപദേശതകം കാണുമ്പോ നമുക്കിതും സമാധിഭാഷയാണ് സ്വയം അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവത്തിന്റെ വചനം മനസ്സിന്റെ കലർപ്പ് കൂടാതെ അപ്പോഴാണ് അതിന് അപൗരുഷേയം എന്ന് പറയുന്നത് നമ്മൾ എന്ന് വെച്ചാൽ പൗരുഷ പുരുഷൻ എന്നിവിടെ അർത്ഥം വ്യക്തി വ്യക്തിയുടെ മനസ്സും അഭിപ്രായവും കൽപ്പനകളും ഒക്കെ കലരുമ്പോ ആ വാക്ക് ലൗകികമായിട്ട് തീരും ഋഷിവചനം മനോമണ്ഡലത്ത് എന്ന് വരണതല്ല രമണ അടുത്ത് ഒരാള് ചോദിച്ചു ഞാനിക്ക് മനസ്സില്ലെന്ന് പറയണു ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം യും പൂർണമായി പെർഫെക്റ്റ് ആയിട്ട് എവിടുന്ന് ഉത്തരം വരണോ മഹർഷി പറഞ്ഞു വേർ ദിൻസ്രോസ് ഏത് മൂലത്തിൽ നിന്നാണോ ഈ ചോദ്യം ഉദിക്കണത് അവിടെ തന്നെയാണോ ഉത്തരവുമുള്ളത് അത് ഈ ശരീരത്തുനിന്ന് ഉള്ളൂ ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞു അഹം എന്ന അനുഭവം ജഡത്തിൻ്റെ അല്ല ചൈതന്യത്തിൻ്റെയാണ് ബ്രഹ്മത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞു സാക്ഷാത് പരമേശ്വരന് തന്നെയാണ് അഹമഹം എന്ന അനുഭവ രൂപത്തിൽ അപരോക്ഷമായി പ്രകാശിക്കുന്നത് ശ്രുതി വചനം തന്നെ അങ്ങനെയാണ് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ ആത്മാർവാനുഭൂഹ എന്നാണ് എല്ലാവരുടെയും അനുഭൂതിയിൽ ജീവൻ എന്ന വണ്ണം എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കണത് അപരോക്ഷം എന്നാണ് വാക്ക് എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ഇപ്പോ ഇവിടെ തന്നെ എനിക്ക് ഉള്ള അനുഭവം ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം അറിവിനെ വിട്ടത് ില്ല എന്നെ പിരികിൽ അറിവുമില്ല രണ്ടും പ്രകാശമാത്രം എന്നാണ് രണ്ടും ഒരേ ചൈതന്യ പ്രകാശത്തിലാണ് ഞാൻ നീ അവൻ എന്നുള്ളതൊക്കെ തോന്നണത് ഇതിനൊക്കെ സോർസ് ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള സ്വയം ജ്യോതി ഗീതയില് ജ്യോതി എന്ന് ഭഗവാൻ പറയുന്നു ജ്യോതിഷാമപി തദ്ജ്യോതി തമസ പരമുച്ചത്തെ തമസഫ് പരമുച്ചതെന്നുവെച്ചാൽ നമ്മളുടെ ബാഹ്യപ്രകാശം അല്ല എന്നർത്ഥം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസവിഷ്ഠിതം എല്ലാവരുടെയും ഹൃദയത്തിൽ അഹമഹമെന്ന് അനുഭവപ്പെടുന്നത് അഹമസ്മി എന്ന അനുഭവ രൂപത്തിൽ ഏതൊന്ന് പ്രകാശിക്കണവോ അത് ശ്രുതിപ്രോക്തമായ ഋഷികളാൽ അനുഭവിക്കപ്പെട്ടതായ ആ ബ്രഹ്മം തന്നെയാണ് ആ പൂർണ്ണ സത്യം തന്നെയാണ് അതിനെ അറിയണമെങ്കിൽ എന്തുവേണം ശ്രദ്ധയെ അതിനെ നേരെ തിരിച്ചുവിടണം അതിനെ ഭജിച്ചിടണം എന്ന് പറഞ്ഞു അതിനെ ഭജിക്കണം എന്നാണ് മതി അതിൽ നിന്നും മാറാതെ അതിനെ ഭജിക്കണം എന്നു നമുക്കിപ്പോ അകമേ തിരിഞ്ഞാൽ മനസ്സാണ് അറിയണത് ചിത്തവൃത്തികൾ ചിന്തകള് പക്ഷെ ഈ ചിന്തകൾ ചിത്തവൃത്തികൾ എവിടെ ഉദിക്കണോ എവിടെയാണ് ഈ ചിത്തവൃത്തികൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നു ഒരു ചിത്തവൃത്തിക്കും അടുത്ത ചിത്തവൃത്തിക്കും നടുവിലുള്ള വിടവിൽ എന്തുണ്ട് കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു എന്നിട്ട് അടുത്തതായി നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു ഒരു ചിത്തവൃത്തി സമാപിച്ച് അടുത്ത ചിത്തവൃത്തി തുടങ്ങുകയാണ് ഇതിന് രണ്ടിനും നടുവിൽ വിടവിൽ എന്തുണ്ട് ഒരു ചിത്തവൃത്തി സമാപിക്കുകയും അടുത്ത ചിത്തവൃത്തി തുടങ്ങുകയും ചെയ്യുകയാണ് ഒരു വൃന്ദാവനി ഗോസ്വാമി പാടി സഭ വൃത്തി ഹേ ഗോപിക സാക്ഷി കൃഷ്ണസ്വരൂപ് ജലകത്ത് ഓരോ വൃത്തിയും ഗോപികയാണത്ര ഒരു ചിത്തവൃത്തി ഒരു ചിത്തവൃത്തിയും അതിന്റെ നടുവില് ബീച്ചുമേ നടുവില് വിടവില് ജ്വലകത്ത് ജലകത്ത് എന്ന് വെച്ച് ജ്വലിക്കുന്നു എന്താ ജ്വലിക്കുന്നത് ശ്രദ്ധിക്കണില്ല നമ്മള് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും അതുണ്ട് ഭാഗവതത്തില് സപ്തമസ്കന്ധത്തിലെ നാരദൻ ഒരിടത്ത് പറയുന്നു സ്വാപഹപ്രബോധയോഹോ സന്ധോ യാ ചിത്തിനീ സ്വാപഹപ്രബോധയോഹോ സന്ധോ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു സന്ധി സ്ഥാനം നടുവ് ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും ഇടവിലുള്ള എന്തവിടെ ഉണ്ട് ഒരു ഉത്തരമേ പറയാൻ പറ്റുള്ളൂ ഞാനുണ്ട് ആരാണോ ഈ ചിത്രവൃത്തി ഒദിക്കുന്നതിനും നിൽക്കുന്നതിനും മറയുന്നതിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന സത്ത എൻ്റെ ഉണർവിന്റെ അനുഭവം ഉണ്മയുടെ അനുഭവം ഉള്ളതിൻറെ അനുഭവം നാരായണ ഗുരുദേവൻ അറിവെന്നൊരു കൃതി പാടി അതിൽ മുഴുവൻ അറിവ് അറിവ് അറിവ് ധാരാളം അറിവാണ് ആ കൃതി കാണുമ്പോ രമണ മഹർഷിയുടെ ഉള്ളത് നാൽപ്പത് എന്ന കൃതി എനിക്ക് ഓർമ്മ വരും ആദ്യത്തെ പാട്ട് മുഴുവൻ ഉള്ളത് എന്നുള്ള ഒറ്റ പദമാണ് പതിനാല് പ്രാവശ്യം ഉള്ള ഉള്ള ഉള്ളതോ ഉള്ളലേ ഉള്ളതാൽ ഉള്ളമെനും ഉള്ളപൊരുവായേ ഉള്ളേ ഒക്കെ ഉള്ള ഉള്ള ഉള്ള ഉള്ള ആണ് എവിടെ അനുഭവപ്പെടുന്നു ഹൃദയത്തിന് ഹൃദയത്തിന് അനുഭവപ്പെടണമെങ്കിൽ എന്താപ്പോ മനസ്സിലാവാത്തു വെച്ചാൽ ഉള്ളൽ അര ഉള്ളത്തെ ഉള്ളതാൽ രണ്ടു വാക്ക് ഭഗവാനോട് പ്രയോഗിച്ചു ഒന്ന് ഉള്ളൽ ഒന്ന് ഉള്ളത് ഇത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ ബിക്കമിങ് ആൻഡ് ബീങ് ബിക്കമിങ് ആണ് ഈ ഉള്ളൽ സത്തിന്റെ സ്വഭാവത്തിനെ തന്റേതാക്കിക്കൊണ്ടുള്ള മനസ്സിന്റെ മൂവ്മെന്റ് ചലനം മനസ്സ് എപ്പോഴും ചലിക്കുന്നത് ഒരേ രൂപത്തിലാണ് ശ്രദ്ധിച്ചാൽ കാണാം എന്തോ ആയിത്തീരാനുള്ള വ്യഗ്രതയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ആവണം ആവണം ആവണം ഇപ്പൊ സത്സംഗത്തിലിരുന്നാലും ആവണം ഞാൻ ഞാനി എനിക്ക് ആത്മാവിനെ അറിയണം എനിക്കിത് മനസ്സിലാവണം ഇപ്പോ ഉള്ളതിനെക്കാളും എന്തോ ഒന്ന് അങ്ങടയ്ക്ക് ചലിക്കണം ഈ മൂവ്മെന്റ് ആണ് മനസ്സിന്റെ മുഴുവൻ ആ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ എന്താ പറ്റണ വെച്ചാൽ ഉള്ളതിന് ശ്രദ്ധിക്കണില്ല പൂർണതയുടെ ഈ മനസ്സ് അപൂർണതയുടെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് എന്തോ നേടിയെടുത്ത് ഞാൻ ആവണം ആവണം ആവണം ആവണം ആവണം എന്ന് ചലിക്കുന്നത് അതിനാണ് നമ്മള് ഭവ എന്ന് പറയുന്നത് ഭവിക്കാനുള്ള ആഗ്രഹം ഒരു രോഗമാണ് ഒരു ഡിസീസാണ് ഞാൻ ഇപ്പൊ ഒന്നാണ് നാളെ എന്തോ ആവാൻ പോണു അതുകൊണ്ടാണ് ശ്രീശങ്കരൻ ഉപനിഷത് ഭാഷ ആരംഭിക്കുമ്പോ പറഞ്ഞു ന ഉത്പാദ്യം ന ആപ്യം ന സംസ്കാര്യം ന വികാര്യം ന കർത്തൃഭോക്തൃ രൂപം വ ഈ അഞ്ച കാര്യം അറിഞ്ഞാല് നമ്മളുടെ അഹങ്കാരത്തിന്റെ സകല മൂവ്മെന്റ് നിരോധിക്കപ്പെടും എന്താന്ന് വെച്ചാൽ അതിന് ജീവിക്കണമെങ്കിൽ ഹോപ്പും വെച്ചുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്തോ കിട്ടണം എന്തോ കിട്ടാൻ പോണു എന്തോ ആവാൻ പോണു ഞാൻ എന്തോ ആയിത്തീരാൻ പോണു എന്തോ നേടിയെടുക്കാൻ പോണു എന്തോ സാധിക്കാൻ പോണു ലോകത്തിൽ അതിനെ സാധിക്കാം പക്ഷെ അകമേയും ഇതേ സ്വപ്നത്തിനെയും കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അധ്യാത്മ വിഷയത്തിൽ ഇത് ഫലിക്കാത്തത് ലോകത്തിൽ ഇത് കൂടാതെ കഴിയില്ല ലോകത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ പഠിക്കണം പ്രവർത്തിക്കണം ആയിത്തീരണം അകമയ്ക്ക് ഈ ചലനം ഫലിക്കില്ല എന്തോ ആയിത്തിരാനുള്ള വ്യഗ്രത ആ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ എന്തൊക്കെ ദോഷണ്ട് ആദ്യം ഞാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള അഭിമാനം പിന്നെ നീ അവൻ എന്നുള്ളതൊക്കെ ആ മനസ് ഉദിക്കുമ്പോഴാണ് ആയിരം ത്രിപുടി വന്ന ആശു മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നൊക്കെ പറഞ്ഞത് അത് ഉദിച്ചതും മനസ്സുദിച്ചതും മനസ്സുദിക്കണത് എങ്ങനെയാ ഞാൻ നീ അവൻ ഇതാണ് മനസ്സ് ഞാൻ എന്റെ മുമ്പിലുള്ള നീ എനിക്കറിയാതെ പടർന്ന് കിടക്കുന്നവൻ തമിഴില് തന്മയ് മുൻനില പടർക്കൈ എന്ന് പറയും തന്മയി ഞാനാണ് മുൻനിലുമ്പില് നിൽക്കുന്ന ആളാണ് പടർക്കൈന്ന് പിന്നെ അവിടെയൊക്കെ ഉള്ള ആളുകളാണ് പ്രഥമ പുരുഷൻ മധ്യമ മുമ്പിലുള്ള ആള് മധ്യമത്തിലുള്ള ആള് ഉത്തമൻ അപ്പോ ഈ മൂന്നും ഒന്നിച്ചു ഉദിക്കുകയും ഒന്നിച്ച് അസ്തമിക്കുകയും ചെയ്യും ഇപ്പൊ നമുക്ക് മനനത്തിലേക്ക് വരാം ഗുരുദേവൻ മനനത്തിന് വളരെ വ്യക്തമായിട്ട് വഴി കാണിച്ചു എന്തിനാണ് ആരായേണ്ടത് എന്ന് പറഞ്ഞു ഇന്നലെ നമ്മൾ ആ വിഷയം തുടങ്ങിവെച്ചു ആദ്യമായി ഉണ്ടാവണ അഭിമാന വൃത്തിയെ ഞാൻ എന്നുള്ള പ്രതീതിയെ അതിൻ്റെ മൂലത്തിൽ നിന്നും ഉദിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ വികൽപ്പങ്ങൾ അനേകം ഉണ്ടാവും അല്പമൊന്ന് അജാഗ്രതയായാൽ ഞാനെന്നൊരു പ്രത്യേക ഒരാളുണ്ട് എന്ന് തോന്നും ജീവിതം മുഴുവൻ മഹർഷി ഉപയോഗിച്ച മാർഗം പലപ്പോഴും ചിലർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്ന ആളാരാ ചോദിക്കും ഡൗട്ട് ഡൗട്ട് പിന്നെ ഡൗട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന ആൾ ആരാ ഞാനാണ് ചോദിക്കുന്നത് ഈ ഞാനാരാ ഇത് വലിയ അനുഗ്രഹമായിരുന്നു പക്ഷെ ചില പണ്ഡിതന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല കപാലശാസ്ത്രി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അദ്ദേഹം പറയും ഭഗവാൻ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കില്ലെങ്കിൽ ചോദ്യം ചോദിക്കാം ഈ ബ്രഹ്മാസ്ത്രം എന്താന്ന് വെച്ചാൽ ചോദിക്കണ ആൾ ആരാന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷെ അത് വലിയ അനുഗ്രഹ പലരും ഈ ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടി സംതൃപ്തരായിട്ടുണ്ട് ആരാ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഞാനാണ് ഈ ഞാൻ എന്താ അത് ദീക്ഷയാണ് ഈ ഞാൻ ആരാണ് ചോദിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ ഇയാൾക്ക് സാധിക്കില്ല ആ സന്നിധിയിൽ ഈ ഞാൻ ഞാൻ എന്ന് പറയണത് എന്താ ഞാൻ ഞാൻ എന്ന് പറഞ്ഞല്ലോ എന്താ ഈ അനുഭവം ഉണ്ടാവണ എന്ന് പറയണത് പരോക്ഷ ബോധനമാണ് പലപ്പോഴും ഉണ്ടാവുന്നത് അപരോക്ഷാനുഭവമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സത്യത്തിനെ കാണിച്ചു തന്ന് നമ്മളെ ആ സ്ഥിതിയിൽ ഒരു ഗുരുവിന്റെ ദേശികൻ്റെ ജോലി അതാണ് പറഞ്ഞത് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം ഈ പിറപ്പൊഴിഞ്ഞു വാഴുക എന്ന് പറഞ്ഞാൽ പിറപ്പ് എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ ഉള്ളിലുള്ള സത്യത്തിന് മരണവുമില്ല പുറപ്പുമില്ല അത് നിത്യ നിരന്തരം പൂർണ്ണവസ്തുവാണ് ഈ പിറപ്പ് എന്നൊക്കെ പറയണത് ഒഴിയാന്ന് പറഞ്ഞാൽ ജ്ഞാനദാർഢ്യ ഉണ്ടായ ആൾക്കറിയാം ഈ അഹങ്കാരത്തിന്റെ പിറപ്പ് തൻ്റെ പിറപ്പല്ല ഈ അഹങ്കാരം ഒതുക്കിയ അസ്തമിക്കുകയൊക്കെ അനാദി ലീല എത്രയെന്നാണ് ഇതൊക്കെ ലീലയാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും ഏകോഹം ബഹുശ്യാമം എന്ന് ആ സത്യം തന്നെ തീരുമാനിച്ച് കളിക്കുന്നതാണ് ഇതൊന്നും തന്നെ അധിഷ്ഠാനത്തിൽ ഒരു മാറ്റവും വരാതെ നടക്കുന്ന ഒരു ലീല മാത്രാണ് ശ്രദ്ധ ഇതിന് പുറകിലുള്ള അധിഷ്ഠാനത്തിൽ സത്തയിൽ പോയാൽ ആ അനുഭവജ്ഞാനിക്കറിയാം ഇവിടെ മരണവുമില്ല പുറപ്പുമില്ലെന്ന് ആ ദാർഢ്യം ആ അനുഭവ ദാർഢ്യമുള്ള ആളെയാണ് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനം എന്ന് പറഞ്ഞത് അയാൾക്ക് എന്തറിയാം അയാൾ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ നിങ്ങൾക്കും പിറപ്പില്ലെന്നും നിങ്ങളും ജനിച്ചിട്ടില്ലെന്നും നിങ്ങളും ഞാൻ രണ്ടല്ലെന്നും ബോധിപ്പിക്കാനാണ് ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ അങ്ങനെയാ ഇയാൾ കിടന്നു എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ മരിച്ചുപോയല്ലോ ഞാനിങ്ങനെ സംസാരിയാണെന്ന് പറഞ്ഞ് കഴിയുമ്പോ അകമയെ പുറമെ നിന്നും തട്ടി വിളിച്ചിട്ട് ചോദിക്ക നീ ആരാ നീ ഈ വിദർഭദുഹിതയോ പുരഞ്ജനോ ഒന്നുമല്ല നനക്കും എനിക്കും യാതോ ഒരു ഭേദമില്ല ഞാനും നീയും ത്വമേവാഹം വിചക്ഷഭോഹോ നനോ പശ്യന്തി കവയഹ ഛിദ്രം ജാതു തനിക്കും എനിക്കും ഒരൽപഛിദ്രം ഒരു ചെറിയ സ്പേസ് പോലും കാണുന്നില്ല നമ്മൾ രണ്ടു ഒന്നാണ് ഇത് പറയാനാണ് ഗുരുവേ അല്ലാതെ ഗുരു നീ ശിഷ്യനാണ് ഞാൻ ഗുരുവാണെന്ന് പറയാനല്ല എപ്പോ ശ്രീശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദര നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞില്ല ന ശാസ്ത്രം ന ശാസ്ത്ര ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം തതേ ഗോവശിഷ്ട ശിവ കേവലോഹം വികൽപ്പത്തിനെ ഇരുത്തിപ്പൊറപ്പിക്കാത്തതായ അറിവാണ് ഞാൻ എന്നാണ് അവിടെ ശാസ്താവെന്നും ശാസ്ത്രമെന്നും ഗുരുവെന്നും ശിഷ്യനെന്നും പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിനെ കാണുന്നവനെന്നും ഒരു ഭേദമില്ല കേവല ചിത് ചിദാനന്ദം മാത്രമേ ഉള്ളൂ ഒരു ശിവം മാത്രമേ ഉള്ളൂ ആ ശിവമേ ഉള്ളൂ അതിൽ ഞാൻ നീ ഒന്നുമില്ല ഇത് ബോധിപ്പിക്കാനാണോ ഗുരുവെ ദേശികൻ ഭാഗവതത്തിലും ഉദ്ധവരൊക്കെ കൃഷ്ണന് ഉപദേശിച്ചു കൊടുത്ത് ഉപദേശിച്ചു കൊടുത്ത് ഉദ്ധവരവസാനം ചോദിക്കണു എനിക്ക് മനസ്സിലാവണില്ലേ ഭഗവാൻ എന്ന് എനിക്ക് സംശയം തീരുന്നില്ലല്ലോ ആളുകൾ പറയണത് സാധാരണ പറയണത് സിമ്പിളായിട്ട് പറയണം സിമ്പിളായിട്ട് പറയണമെന്ന് പറയും സിമ്പിളായിട്ട് പറയണമെന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന ലൗകികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞ വളരെ സിമ്പിളായി എന്നാണ് എന്നാപ്പൊ സത്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല എന്തൊക്കെയോ പറഞ്ഞു നമ്മൾക്ക് ഇപ്പോ വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് വെടി പറയണതിന് പകരം അവിടെ പോയിരുന്ന് വെടി പറഞ്ഞു അപ്പോ മനസ്സിലായി എന്നാണ് അങ്ങനെയൊക്കെ നമ്മൾ ഈ മനസ്സിലാവുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് കുറെ കാലം മനസ്സിലായി കഴിഞ്ഞിട്ട് നോക്കും കുറെ മനസ്സിലായി മനസ്സിലായി ഒക്കെ മനസ്സിലായി എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ എവിടെ തുടങ്ങിയു അവിടെ തന്നെ നിക്കണു ഇതാണ് മനസ്സുണ്ടാക്കണ ഭ്രമം മനസ്സിലായി മനസ്സിലാവുകയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് ശാന്തി ഒന്നും വന്നില്ല താവിമാനവർ പറയുന്നു കറ്റ അറിവാൽ ഉണയുവാൻ ആൻ കണ്ടവൻ പോൽ സൂത് ആടിൽ കുറ്റം എന്ന് നെഞ്ചേ കൊതിക്കും പരാപറമേ ഞാൻ ഒക്കെ പഠിച്ചു പഠിച്ച് പഠിച്ച് കണ്ടു കണ്ടു എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കാണുന്നില്ല മനസ്സിന് ശാന്തി ഉണ്ടാവണില്ല ആനന്ദം ഉണ്ടാവണില്ല തൃപ്തി ഉണ്ടാവണില്ല അപ്പോ അറിയൽ മാനസിക പ്രക്രിയ ആയിരിക്കുന്നവരെ അത് ഒരു തലം വരെ ഉള്ളു അപ്പൊ ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഭഗവാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടു ഉദ്ധവർ പറയാ എനിക്ക് സംതൃപ്തി ആവണില്ലല്ലോ തൃപ്തി ആവണില്ലല്ലോന്ന് തോന്നും അപ്പോ കൃഷ്ണൻ ആർക്കും മനസ്സിലാവാത്ത ചില ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാതാക്കളൊക്കെ വിഷമിച്ചിരിക്കണ ഒരു രണ്ടു മൂന്ന് ശ്ലോകം അത് ശ്രീധരിയും അത്ര വ്യക്തമല്ല വ്യാഖ്യാനം പറയുമ്പോഴൊക്കെ ആളുകൾ പലരും ഭാഗവതന്മാരും ഭാഗവത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് ഇത് പിടികിട്ടില്ല ഉദ്ധവർ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഒന്നും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്താന്ന് വച്ചാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം അതിനു പകരം യാതൊരു ഈ ചോദ്യത്തിനോട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രകരണം തുടങ്ങിയിട്ട് സയേഷ ജീവോ വിവരപ്രസൂതിഹി പ്രാണേണഘോഷേണ ഗുഹാം പ്രവിഷ്ട എന്ന് പറഞ്ഞൊരു പ്രകരണം തുടങ്ങാണ് വളരെ ആശ്ചര്യമാണത് അതായത് എനിക്ക് മനസ്സിലായില്ല എന്ന് ഉദ്ധര് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത് ഈ മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാള് നീയല്ലപ്പ അയാള് ഒരു സുഷിരത്തിൽ നിന്നും പൊന്തി വന്നിട്ട് വിവരപ്രസൂതിഹീനം നമ്മൾ മലയാളത്തിലെ വിവരം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അല്ലെ വിവരം എന്ന് വെച്ചാൽ ദ്വാരം ഹൃദയത്തിലൊരു സുഷിരം ഹൃദയ സുഷിരം ദിവസം ഉറക്കത്തിൽ ആ സുഷിരത്തിൽ പോയി ലയിക്കുന്നു എന്നൊക്കെയാണ് കല്പന വേദത്തിലും അങ്ങനെയുണ്ട് നാരായണ സൂക്തത്തിലൊക്കെ പറയണു ഒരു സുഷിരമുണ്ട് ആ സുഷിരത്തിനകത്ത് എല്ലാം അടങ്ങിക്കിടക്കണു ആ സുഷിരത്തിൽ നിന്ന് എല്ലാം ഉദിക്കണു എന്നാണ് ഈ സുഷിരത്തിൽ നിന്ന് ആദ്യം പിറക്കുന്നവനാരാ യേശീവ ഈ ജീവൻ ഞാൻ എന്ന് പറഞ്ഞ് ഉദിച്ചു നമുക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഉറക്കത്തിനെ വെച്ചുകൊണ്ട് നോക്കണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം ഉദിക്കണത് ഞാൻ പ്രതീതിയാണ് പിന്നെയാണ് ലോകം മറ്റുള്ളവരൊക്കെ പറയണത് എന്നിട്ടാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല വേദാന്ത സമ്പ്രദായത്തിലൊരു കഥയുണ്ട് ഒരു ശിഷ്യൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവണില്ല ഗുരു പറഞ്ഞു സാരല്ല എന്ന് തോന്നുന്നു ശിഷ്യൻ പറഞ്ഞു അല്ല അങ്ങനെ എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണം എന്ന് അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ സന്ദർഭം പോലെ മനസ്സിലാക്കിപ്പിച്ച് തരാം എന്ന് പറഞ്ഞേ വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു ശിഷ്യൻ ഇങ്ങനെ ഉറക്കമെന്ന് ഉറക്കമെന്ന് ഉറക്കമെന്ന് ഉറക്കമെന്ന് പന്ത്രണ്ട് ഒരു മണി വരെ ഇരുത്തി എന്നിട്ട് പോയി കിടക്കാൻ പറഞ്ഞു ഇയാള് വളരെ ക്ഷീണിച്ചു പോയി നല്ലവണ്ണം അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങിയപ്പോ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വീണുന്ന് കണ്ടപ്പോ എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞുതരാം ഇരിക്കോന്നു അയ്യോ വേണ്ട എനിക്കറിയണ്ട എനിക്ക് അതൊന്നും മനസ്സിലാവണ്ടെന്നുണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ മനസ്സിലാവണതൊന്നും ഇവിടെ തുച്ഛമാണ് എന്താന്ന് വെച്ചാൽ അതിസുഖം എന്ന ഒരു സുഖം ഒരു പരമസുഖം അവിടെ ഉണ്ട് അതിനോട് സം ഉപമിക്കുമ്പോ ഈ ക്ലാരിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തുച്ഛമായിട്ട് പോവുകയാണ് ബ്രെയിനിന്റെയും മനസ്സിന്റെയും പ്രവർത്തികളൊക്കെ ഇനി എഴുന്നേൽപ്പിക്കാൻ താൻ തയ്യാറല്ല അവിടെ ഞാനില്ല നീ ഇല്ല ഒന്നുമില്ല എഴുന്നേറ്റാൽ ഇതൊക്കെ വന്നു പോകും വേണ്ടാന്ന് പറയണം അപ്പോഴാണ് ശരി എന്നാ പോയി ഉറങ്ങിക്കൊടുവെന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു നീ ഇത് മനസ്സിലാക്കലാണെന്ന് എൻ്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം പറഞ്ഞു എന്നിട്ട് നിന്നെ ഉറക്കത്തിൽ ഞാൻ എഴുന്നേപ്പിച്ചപ്പോ എനിക്ക് വേണ്ട നീ പറഞ്ഞതെന്തേ അദ്ദേഹം പറഞ്ഞു അറിയാൻ വയ്യ ഒന്ന് മനനം ചെയ്ത് നോക്കൂ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് നീ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ഇത്രയധികം നീ ആശിച്ച വസ്തു നിനക്കോ കൊണ്ടു തന്നപ്പോ വേണ്ടാന്ന് പറയാൻ കാരണം എന്താ പതുക്കെ പതുക്കെ പതുക്കെ മനനം ചെയ്തു ആ സ്ഥിതിയിൽ നിന്നും താൻ എഴുന്നേറ്റ് വന്നതിനെ ഒന്ന് അനുസന്ധാനം ചെയ്തു നോക്കി അപ്പോഴാണ് കാണുന്നത് ആ സ്ഥലത്തുണ്ടായിരുന്ന ആ സുഖം അവിടെ നമ്മൾ ഒരു സന്ധിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അതായത് പടിവാതിൽക്കൽ നിൽക്കണ പോലെ അകമേയും കാണാം പുറമേയും കാണാം അപ്പൊ അകമേ നിന്നുള്ളതിന്റെ ഒരു അവ്യക്തമായ ഒരു ഓർമ്മയോടുകൂടിയാണ് ഈ പുറമേക്ക് വന്നത് ഒരു വേഗ് റിക്ലക്ഷൻ അപ്പോ വാസ്തവത്തിൽ ആ സുഷുപ്തിയിൽ എന്തുണ്ടായി ഇതുവരെ നാം ഒരു വസ്തുവിങ് അറിഞ്ഞില്ല അതിസുഖമെന്ന അനിശം കഥിക്കയാല് ഈ ശ്ലോകത്തിന് സാധാരണ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട് സുഷുപ്തിയുടെ കഥയും ഏകദേശം ഇതുപോലെയാണ് ഞാനൊന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു അഹ സുഖമഹം അസ്വാപ്സം അവിടെ എന്തുണ്ടായി മതി മുതലായവ മാറിയാലും അവിടെ ബുദ്ധിയില്ല മനസ്സില്ല ശരീരമില്ല വ്യക്തിത്വമില്ല ആത്മസ്വതയഴിയാതെ അറിവെന്നു ചൊല്ലിടേണം അവിടെ സുഖമായിരുന്നു എന്ന് പറയണു ഒന്നും അറിഞ്ഞില്ല എന്നും പറയണു ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് ബുദ്ധിയാണ് എന്താന്ന് വെച്ചാൽ ബുദ്ധിക്ക് അവിടെ പ്രവേശമില്ല പക്ഷേ സുഖമായിരുന്നു എന്ന് പറഞ്ഞത് ബുദ്ധിയല്ല ഇത് പിരിച്ചു നോക്കണം ആ സുഖം സാധാരണ സുഖവുമല്ല പക്ഷെ ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ അതിനാണ് ആവരണം എന്ന് പറയുന്നത് ഈ ആവരണം ഉള്ളത് ആ സുഖത്തിന്റെ സ്വരൂപം നമുക്കൊട്ട് ബോധ ബോധവാന്മാരാവാൻ പറ്റണില്ല സുഖമുണ്ട് പരമസുഖമുണ്ട് നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണസുഖമുണ്ട് ആ സുഖത്തിനോട് ഒന്നും ചേർക്കാനോ അതിൽ നിന്നും ഒന്നും എടുക്കാനോ സാധ്യമല്ല ഈ പറഞ്ഞ പോലെ ഇപ്പൊ വേദാന്ത വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്ത പോലെ ഒരു ചക്രവർത്തിയുടെ അടുത്ത് പകുതി രാത്രി ഉറക്കത്തിലെ എഴുന്നേപ്പിച്ച് സാമ്രാജ്യം ഇനിയിപ്പോ ലോകത്തിലുള്ള സാമ്രാജ്യം മുഴുവൻ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും അയാൾ വേണ്ട പറയും എന്താന്ന് വെച്ചാൽ എല്ലാറ്റിനേക്കാളും വലിയതായ സുഖം പൂർണത നിറവ് തികവ് അവിടെ ഉണ്ട് പക്ഷെ ആ തികവ് തികവ് ജാഗ്രതത്തിലുള്ള ബ്രഹ്മജ്ഞാനത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അതിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബുദ്ധി മനനം ചെയ്ത് സത്യസാക്ഷാത്കാരം നേടണം അല്ലെങ്കിൽ പറ്റില്ല അതാണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആവരണം ഒഴിയാത്തത് കൊണ്ട് ആവരണം ബുദ്ധിയിലാണ് ആത്മാവിലല്ല ആവരണം തൽക്കാലത്തേക്ക് ബുദ്ധിയിലാണ് ഈ ബുദ്ധി തന്നെ ഒരു ആവരണമാണ് ശ്രുതി പറയണത് യഥാപഞ്ചാവതിഷ്ഠന് മനസാസഹ ബുദ്ധിശ്ശന വിചേഷ്ടഹു പരമാഗതി ബുദ്ധി അറിയുന്നു എന്നും പറയും അറിഞ്ഞില്ല എന്നും പറയും രണ്ടും ആവരണമാണ് ബുദ്ധി എനിക്ക് ലോകവിഷയങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയണതും ആവരണമാണ് കാരണം അറിഞ്ഞില്ല എന്ന് ആര് പറയണു ഈ മയക്കു പറയില്ലല്ലോ മൂന്ന് ദിവസം ആത്മോപദേശ ശതകം കേട്ടു എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് അത് പറയില്ല അറിഞ്ഞു എന്നും പറയില്ല നമ്മളാണ് എനിക്ക് മനസ്സിലായി എന്നും മനസ്സിലായില്ലെന്നും പറയണത് രണ്ടും രണ്ടും പറയണമെങ്കിൽ സാക്ഷിയായ അറിവ് ജ്ഞപ്തി അവബോധം അവിടെ ഉണ്ടാവണം ആ അവബോധം ജാഗ്രത നമുക്ക് അതിന്റെ സ്വരൂപം വെളിവാകുന്നില്ല സുഷുപ്തിയിലും വെളിവാകുന്നില്ല എങ്കിലും വേഗമായിട്ട് വളരെ അവ്യക്തമായിട്ട് ഒരു ഓർമ്മയോടുകൂടെ എഴുന്നേൽക്കുമ്പോ എനിക്ക് വേറെ ഒന്നും വേണ്ട ആ സുഖം അത്ര കണ്ടുണ്ട് ആ സുഖം വാസ്തവത്തിൽ എന്താണ് നമ്മൾ ജാഗ്രതത്തില് ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഷുപ്തിയില് ശരീരമില്ല മനസ്സില്ല ഞാനുണ്ട് തിരി വൈകിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ വ്യക്തിയായി ഞാനുണ്ടോ ചോദിച്ചില്ലെന്ന് പറയുന്നു അതിനാണ് ഇത്തിരി നിന്നത് എന്ന് വെച്ചാൽ ഈ വ്യക്തിത്വം അവിടെ ഇല്ല അപ്പൊ ചിലരൊക്കെ ഉറക്കത്തില് നിങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും എന്നാ നിങ്ങൾ മരിച്ചുപോയോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ ഞാൻ ഉണ്ടായിരുന്നു സുഖമായിരുന്നു ഞാൻ അപ്പൊ രണ്ട് ഞാനിനെ കൽപ്പിക്കേണ്ടി വരുന്നു ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ അഭിമാന രൂപത്തിലുള്ള അഹങ്കാര രൂപത്തിലുള്ള പേഴ്സണാലിറ്റി രൂപത്തിലുള്ള ഞാൻ ഒന്ന് മറ്റേത് ഇമ്പേഴ്സണൽ ഐയൽ ഐരുൾ എന്ന് ഗുരുദേവൻ പറഞ്ഞു അഹം എന്നതിന്റെ ഇമ്പോർട്ട് ലക്ഷ്യാർത്ഥം വാസ്തവത്തിലുള്ള സത്ത ഇരുപ്പ് പൂർണത ബോധം പ്രജ്ഞാനം അത് സ്വതയഴിയാതെ അതൊരിക്ക തിനെ യാതൊരു മാറ്റവും വരുന്നില്ല അതെപ്പോഴും തന്റെ സ്വഭാവത്തിനൊരു മാറ്റവും കൂടാതെ പൂർണത്വത്തിന് ഒരു കുറവും കൂടാതെ എപ്പോഴും പ്രകാശിക്കുന്നു എന്നുവച്ചാൽ ഇപ്പൊ ഇവിടെ പ്രകാശിക്കണമെന്നർത്ഥം ഇപ്പോ ഇവിടെ തന്നെ നിങ്ങൾ അതാണെങ്കിലേ അതാവാൻ പറ്റുള്ളൂ ഭാവിയിലാവാൻ പറ്റില്ല നിങ്ങൾ ഇപ്പൊ തന്നെ ആ പൂർണ വസ്തുവാണ് ഈ ശരീരമല്ല kula gotra ജാതിനീതികുലഗോത്ര ദൂരകം നാമ ൂപ്പുണദോഷവർജം ദശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മത്ത ഭാവയാത്മനി സകലവാഗോചരം ഗോചരം വിമലബോധ ചുഷചിദ്ഘനമനധി വസ്തുയത് ബ്രഹ്മത്ത ഭാവയാത്മനി ഷഡ്ഭിൂർ അയോഗി na ഭാവിതം vibhāvitam ബുദ്ധി അവേദ്യം അനവദ്യം അസ്തിയത് ബ്രഹ്മത്വം അസിഭാവയാത്മണി നീ ആ ബ്രഹ്മമാണ് ഈ ശരീരമോ മനസ്സോ ജാതി വർണ്ണം ആശ്രമം സാമൂഹികമായ വ്യക്തിത്വം ഇതൊന്നും നിന്റെ സ്വരൂപല്ല ഇതൊക്കെ വ്യവഹാരത്തിൽ ലോകത്തിൽ കാണപ്പെടുന്നതാണ് ഇതൊന്നും എന്റെ അല്ല നീ ആരാണെന്ന് അന്വേഷിച്ചു നോക്കും നമുക്കും അകമയ്ക്ക് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്താണ് ഞാൻ എന്നുള്ള അനുഭവം എന്താണ് ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ എന്ന് അന്വേഷിക്കുമ്പോൾ ഈ ഞാൻ അഹങ്കാരം ശരീരം മനസ്സ് ബുദ്ധി ഇതിൻ്റെയൊക്കെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും ശുദ്ധ ചിത് ശക്തിയായിട്ട് നടനമാടാൻ തുടങ്ങും അതാണ് അഗ്നി എന്നൊക്കെ പറഞ്ഞത് അതായത് അഹങ്കാരം അഹം സ്ഫൂർത്തി അഹംബോധം ഈ അഹങ്കാരം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായ വികാരങ്ങളോടൊക്കെ താതാത്മ്യപ്പെട്ട് നിൽക്കുന്നതായ ഒരു പ്രതീതി ഇതിന് രണ്ടിനും സത്യത്തിനും ഇതിനും നടുവിലിരിക്കുന്ന ഒരു കണക്ടിങ് ലിക് ആണ് ഈ പറഞ്ഞത് അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞത് ഈ സ്ഫൂർത്തി എന്നും ചിശക്തി എന്നും ജ്ഞാനികൾ പറയുന്നു അതിനെ തന്നെയാണ് യോഗികൾ കുണ്ടലിനീശക്തി എന്നൊക്കെ പറയണത് ഈ വ്യക്തിത്വം തന്നെ അതിന്റെ മൂലത്തിലേക്ക് അതായത് ജഡത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും അത് ചൈതന്യത്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും അത് ശാന്തിയായും ആനന്ദമായും ശക്തി എന്ന് പറയും ശക്തി കാണിച്ചു തുടങ്ങും അതായത് ആ ശക്തി അതിലുള്ള പതുക്കെ പതുക്കെ ഉള്ള അതിന്റെ ഒരു കളങ്കം നീങ്ങുകയും അതിപ്പോഴും കളങ്കപ്പെട്ടതല്ല പക്ഷെ കളങ്കപ്പെട്ടതായി തോന്നാൻ കാരണം ഒരു സ്ഫടികത്തിന്റെ മുമ്പിൽ ചെമ്പരത്തിപ്പൂ വെച്ചാൽ സ്ഫടികം ചുവപ്പായി കാണപ്പെടുന്ന പോലെ ഈ ഞാൻ എന്നുള്ള അഭിമാനത്തിൽ ശരീരം മനസ്സും ബുദ്ധിയും ഒക്കെ ഈ അഭിമാനത്തിൽ അതൊക്കെ കാണപ്പെടുന്നു പക്ഷെ ഈ അഭിമാനത്തിനെ ആരായി ഞോക്കുമ്പോ ഈ അഭിമാനം എന്താണ് ഞാൻ എന്താണ് ഞാൻ ഞാൻ ഒന്ന് പറയണ്ടല്ലോ രണ്ടുപേര് ശണ്ട കൂടുമ്പോഴും നോക്കാം